നമ്മുടെ ഇന്ത്യയിലെ പ്രധാന നിയമനങ്ങൾ നടത്തുന്നത് പ്രധാനമന്ത്രി പ്രസിഡന്റാണ് നിയമിക്കുന്നത് അറ്റോർണി ജനറൽ പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസ് പ്രസിഡന്റ് സുപ്രീംകോടതി ജഡ്ജിമാർ ചെയർമാൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ എന്നിവരെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ് ജില്ലാ ജഡ്ജിമാർ അഡ്വക്കറ്റ് ജനറൽമാർ പി എസ് സി അംഗങ്ങൾ ചെയർമാൻ ഓഫ് പി എന്നിവരെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണർമാരാണ് ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്